അതായത് പ്രപഞ്ചത്തിൽ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക എന്നുള്ളത് ചെയ്തുകൊണ്ടേ ഓരോ ക്ഷണം ക്ഷണം തോറും നമ്മൾ നമ്മളുടെ സ്വത്വത്തിനെ മറന്നുകളയ്യാണെന്ന് ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണം അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഉണരുകയും ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യരുതെന്നല്ല പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ ഇതിനോടുകൂടെ ഒരു അഭിമാന വൃത്തി കലർന്നിട്ട് ഇനി ഉണ്ണണം ഇനി ഉറങ്ങണം ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ പ്രവർത്തനം നമുക്ക് കാണാം എനിക്ക് മനസ്സിലാവണില്ലല്ലോ എനിക്ക് മനസ്സിലാവണം ഇതിപ്പെങ്ങനെയാ മനസ്സിലാവുക അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഒരു എക്സൈറ്റ്മെന്റ് അറിഞ്ഞു ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് എന്തിനോടൊക്കെയോ ഉപമിച്ചുകൊണ്ട് നമ്മളുടെ അകത്ത് നമ്മളുടെ ഒരു വ്യക്തിസത്തയെ ഞാൻ ഇന്നവനാണെന്നുള്ള ഒരു അഭിമാനത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന കുറെ വികാരങ്ങളെയും ചിത്തവൃത്തികളെയും കാണാം ഇതിനെയാണ് ഋഷികൾ ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞത് ചിജട ഗ്രന്ഥി എന്ന് പറഞ്ഞത് ഈ ഗ്രന്ഥിയാണ് സ്വാനുഭൂതിക്ക് ഏറ്റവും വലിയ വിഘ്നം ഈ ഗ്രന്ഥിയാണ് ഗുരുദേവൻ പറഞ്ഞത് പ്രതിബന്ധം വരുന്ന പ്രതിവിഷയം പ്രതി വരുന്ന ബന്ധം എന്ന് പറഞ്ഞത് പ്രതിവിഷയം പ്രതിബന്ധമേറി മേവുന്നിതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ പ്രതിവിഷയം നമ്മൾ ലോകത്തിനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വണത്തുകൊണ്ടും രുചിച്ചുകൊണ്ടും സ്പർശിച്ചുകൊണ്ടും അഭിമാനിച്ചുകൊണ്ടും സങ്കല്പിച്ചുകൊണ്ടും അതായത് ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും രണ്ടിലും നമുക്ക് ദുഃഖം ഒഴിഞ്ഞു പോകണില്ല രണ്ട് മണ്ഡലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ജീവിതം മുഴുവൻ ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തി അവിടെ ഇരിക്കട്ടെ നമ്മളത് പിന്നെ കാണാം ജാഗ്രതും സ്വപ്നവും മനസ്സ് പകുതി വിരിഞ്ഞ സ്വപ്നം മനസ്സ് നല്ലവണ്ണം വിരിഞ്ഞ ജാഗ്രത് മനസ്സ് കൂമ്പി പോയാൽ സുഷുപ്തിയായി लयचुप्त सुखमें उप प्रपंच नाम जागृत्व स्वप्न कूटीट प्रपंचमें ई जाग्रम स्वप्न आर अभविको ആരാണ് ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് ആരാണ് ഈ പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്നത് ആരാണ് ഈ വിഷയങ്ങളെ ഭുജിക്കുന്നത് ഉണരുന്നവനാർ ഉറങ്ങുന്നവനാര് ഉണ്ണുന്നവനാര് പുണരുന്നവനാര് എല്ലാത്തിനും ഉത്തരം ഞാനാണ് എനിക്കാണ് വേണ്ടത് ഞാനാണ് ഇത് അറിയണത് ഞാനാണ് ഇത് അനുഭവിക്കുന്നത് ഈ ഞാൻ എന്താണ് ഈ ഞാൻ എവിടെ നിന്ന് ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണെന്ന് ആരായുമ്പോ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അകലും അഹന്തയാണെന്ന് നമുക്ക് പ്രധാനം ആരായഞ്ഞു നോക്കുമ്പോ ഈ അഹന്ത അകലുകയും ശുദ്ധമായ ചിത്പ്രഭാവം ഈ ചിത്പ്രഭാവം എന്നുള്ള വാക്കും ഞാൻ കഴിയുന്നതും ആത്മോപദേശ ശതകത്തിലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ചിത്പ്രഭാവമാകും എന്നാണ് ഈ ചിത്തം ചിത്തത്തിന്റെ വേരാണ് ഈ അഭിമാന ഞാൻ ഇന്നവൻ എന്നുള്ള അഭിമാനം അഹം അഹം അഹം എന്നുള്ള മൂമെന്റ് ഈഗോ മൂവ്മെന്റ് അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ഈ അഹന്ത അകലുമ്പോ അഹന്ത അടങ്ങുമ്പോ അഹന്തയുടെ അടക്കത്തിൽ അതിലയിക്കുമ്പോ ചിപ്രഭാവമാണ് നമുക്ക് അകമേ അനുഭവം പക്ഷെ നിശേഷം ഈ വാസന ഒഴിഞ്ഞു പോകുന്നവരെ ആത്മാനുഭൂതി പ്രതിബന്ധ ശൂന്യമായിട്ട് നമുക്ക് ഉണ്ടാവുന്നവരെ അകമുഖമായി ഈ ആരായൽ നടത്തിക്കൊണ്ടേയിരിക്കണമെന്ന് പിന്നെ ഒരു ആരായലാണ് ഗുരുദേവൻ പറഞ്ഞു അകമുഖമായി ആരാഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ ചിന്തിക്കുന്ന പോലെ ആത്മോപദേശ ശതകത്തിൽ എത്ര ശ്ലോകം ഉണ്ടെന്നും അതാരെഴുതിയെന്നും അതിൽ വേദാന്തമാണോ സിദ്ധാന്തമാണോ ദ്വൈതമാണോ അദ്വൈതമാണോ എന്നും ഗവേഷണം എന്ന് പറയാം ഇതിന് ശ്രീശങ്കരൻ പറയണത് കാക്കദന്ത പരീക്ഷാരൂപം എന്നാണ് കാക്കയ്ക്ക് എത്ര പല്ലുണ്ട് എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടു അത്ര ഒരാള് അതുപോലെ പുറമേ നിന്ന് ആരാഞ്ഞാൽ ഇവന് സത്യം കിട്ടില്ലെന്ന് മാത്രമല്ല ്രമമേകിടുന്നു പാരം മായ പകപോക്കണ പോലെ ഇയാളെ ഇട്ട് ഭ്രമിപ്പിക്കും അന്വേഷിച്ചാൽ ഒരിക്കലും ഇയാൾ ഒട്ട് സവനമൊഴിഞ്ഞ് നിൽക്കില്ല പിറപ്പൊഴിഞ്ഞ് നിൽക്കില്ല മൃദുവായി അമർന്നിരിക്കില്ല അതുമാത്രമായി നിൽക്കില്ല ഇയാൾ വീണ്ടും വട്ടം കറങ്ങും അല്ലാതെ സമം കറങ്ങിടുന്നു പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു ചുഴലും നമ്മൾ അലയും വട്ടംകറന്നും ഈ വട്ടംകറങ്ങൾ നിർത്താൻ പെരിഫറിയിൽ നിന്നും സർക്കംഫ്രൻസിൽ നിന്നും സെന്ററിലേക്ക് വരുന്നതാണ് ആത്മവിദ്യ അതാണ് ഗുരുദേവൻ ഒരു വാണിങ് പോലെ പറയണത് അകമുഖമായ ആരാഞ്ഞു വേണം ഇതിനെ അറിയാൻ അല്ലാതെ നിങ്ങൾ ശ്രമിച്ചാൽ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ പുറമേക്കൊരു വിഷയം പോലെ പഠിക്കാൻ ശ്രമിച്ചാൽ റിസർച്ച് ടോപ്പിക് പോലെ പഠിക്കാൻ ശ്രമിച്ചാൽ വൻ പക ആ വാക്ക് എന്തിനു എന്തൊരു ശക്തിയാ പക എന്നൊക്കെ പറയണത് നമ്മള് ലോകത്തില് വെഞ്ചൻസ് ആണ് ആ വെഞ്ചൻസ് എന്ന് പറയുന്നത് അതായത് മനസ്സിന്റെ തന്നെ നെഗറ്റീവ് സൈഡ് നമ്മളെ പിടിച്ചു വിഴുങ്ങിക്കളയെന്നാണ് അതുകൊണ്ടാണ് ഒരിക്കലും അധ്യാത്മികം കപടയതിക്കു കരസ്ഥമാകുകയില്ല കപടയതി എന്ന് വെച്ചാൽ കള്ളസന്യാസിന്നല്ല അർത്ഥം ബഹിർമുഖമായ ജീവിതത്തിൽ മാത്രം ജീവിച്ചു ആൾക്ക് ലോകത്തിൽ വീരനായി ലോകത്തില് വലിയ ആളൊക്കെ ആയിരിക്കാം അയാള് പക്ഷെ അയാള് ഈ ആത്മവിദ്യയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇതും കൂടെ ആയിക്കോട്ടെ എന്റെ തൊപ്പിയിൽ ഒരു തൂവലും കൂടെ വെച്ചോട്ടെ എന്ന് പറഞ്ഞ് പുറപ്പെടാനുള്ള വഴിയല്ല അത് യതിവര്യനായിടേണം ഒരു വാക്കും മന്ത്രമാണ് വീണ്ടും വീണ്ടും തന്നിലേക്ക് പറയണം പ്രപഞ്ചത്തിൽ നിന്നും അതാണ് ഇന്നത്തെ വിഷയം തന്നെ ഇതാണ് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലേക്ക് യാത്രയാണ് പ്രത്യക് പ്രവാഹമാണ് അധ്യാത്മവിദ്യ പ്രത്യക് പ്രവാഹം പ്രപഞ്ചത്തിനെ കാണുന്നു കാണുന്ന വിഷയം കാണപ്പെടുന്ന വിഷയത്തിൽ നിന്നും കാണുന്നവനിലേക്ക് നമസ്കരിക്കണം നമ്മൾ ഭഗവാനെ നമസ്കരിക്കണം സ്തുതിക്കണം എന്ന് പറഞ്ഞാ നമസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഗുരുദേവൻ പറയണത് തെരുതരെ വീണു വണങ്ങി ഓതിടേണം എവിടെയാ വണങ്ങത് രമണഭ രമണ മഹർഷി രമണാശ്രമത്തിൽ ഒരിക്കൽ നടന്ന് പോകുമ്പോൾ ഒരാള് കാണുമ്പോഴൊക്കെ നമസ്കരിക്കും വീണ് വീണ് നമസ്കരിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്തിനാ ഈ സർക്കസ് കാണിക്കണത് അഭിമാനം ഉദിക്കാതെ ഹൃദയത്തിൽ അടങ്ങുന്നതാണ് നമസ്കാരം അല്ലാതെ ഈ പുറമേക്ക് കാണുന്നത് ഒരു എക്സസൈസിന് കൊള്ളാമോ എന്നുവെച്ചാൽ ചെയ്യണ്ടാന്നല്ല വേണ്ട വിധത്തിൽ ഭാവം അഭിമാനം ഹൃദയത്തിൽ അടങ്ങുന്നതാണ് നമസ്കാരം അഭിമാന വൃത്തി ഉദിക്കുന്നിടത്ത് അടങ്ങുന്നതാണ് നമസ്കാരം അപ്പൊ നമ്മളിപ്പോ വേദാന്ത വിചാരം എന്ന് പറയുമ്പോ പ്രാപഞ്ചികമായ ജ്ഞാനത്തിൽ നിന്നും ഇന്ദ്രിയവേദ്യമായ അറിവിൽ നിന്നും അറിഞ്ഞിടുന്നവന്റെ ഉരുവിലേക്ക് തുടങ്ങുമ്പോ തന്നെ ഒരു സംശയവുമില്ലാതെ വഴി രാജമാർഗത്തിന് ഇങ്ങോട്ട് തുറന്നു കാണിച്ചു ആദ്യത്തെ വാക്കിൽ തന്നെ അനുഭൂതിമാന് അത് വിളിച്ചു പറയാനുള്ള ഒരു വ്യഗ്രത എല്ലാരും അറിയട്ടെ എന്നുള്ള ഒരു വ്യഗ്രത ഇതിൽ കാണാം നമുക്ക് എല്ലാവരും ആ അനുഭൂതി ഉണ്ടാവട്ടെ ഓരോ പാട്ടിലും അമൃതമൂറിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ പദ്യത്തിലും അറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് ആ ഉരുവ് ഉരുവ് എന്നുള്ള വാക്ക് തമിഴാണ് മലയാളം വാസ്തവത്തിൽ തമിഴും വലിയ വ്യത്യാസമൊന്നുമില്ല ഗുരുദേവന്റെ കൃതികളിൽ മുഴുവനും തമിഴ് വാക്കും മലയാളം വാക്കും സംസ്കൃത വാക്കും കലർന്നിട്ടാണ് ഇരിക്കുന്നത് രൂപം എന്നുള്ള സംസ്കൃതം വാക്ക് തന്നെയാണ് തമിഴ് വരുമ്പോ ഉരു എന്നാവണത് ഉരുവം എന്ന് പറയും തമിഴില് രൂപം എന്നുള്ളത് പോയി ഉരുവം അറിഞ്ഞിടുന്നവൻ തൻ ഉരുവെന്ന് വെച്ചാൽ അവിടെ രൂപം അവിടെ രൂപമില്ല അറിഞ്ഞിടുന്നവൻ പക്ഷെ അന്വേഷിക്കുമ്പോ നമ്മൾക്ക് ഈ ഞാൻ എന്നുള്ള വ്യക്തി അഭിമാനം ഞാനാണ് ഈ പ്രപഞ്ചത്തിനെ കാണണത് ഞാനാണ് വേദാന്ത വിചാരം ചെയ്യണത് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് ദുഃഖത്തിനൊരറുതി വരണം എനിക്ക് സംസാരത്തില് സാംസാരികമായ വിഷമങ്ങളുണ്ട് എനിക്ക് കോപം വരുന്നു എനിക്ക് കാമം വരുന്നു എനിക്ക് അസൂയ വരുന്നു എന്റെ ദുഃഖം എങ്ങനെ തീർക്കും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഓരോ വിഷയത്തോടും ഒട്ടി നിൽക്കുന്ന ഒരു ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നൊരു അഭിമാനം ഒരു അല പൊന്തി ആശ്രമിക്കുന്നത് കാണാം ഞാൻ ഞാൻ അഹമഹമെന്ന് അലയുവതൂർമിജാലം ആ കടലിൽ അല വരുന്ന പോലെ ഞാൻ എന്നുള്ള അഭിമാന വൃത്തി ഉദിക്കുകയും അടങ്ങുകയും ഉദിക്കുകയും അടങ്ങുകയും ചെയ്യും നമ്മളുടെ അധ്യാത്മസാധന ഈ അഹം വൃത്തിയെ ശ്രദ്ധിക്കലാണ് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് ആ ഉരുവിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവുകയും ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും ആ പുറത്തും ഉജ്വലിക്കും നമ്മൾ വിട്ടുകളയാം അത് നമ്മള് അനുഭവത്തിന് ശേഷം വരണ കാര്യമാണ് സ്വാനുഭൂതി നമ്മൾക്ക് വേദാന്ത വിചാരം തുടങ്ങുമ്പോ ഇപ്പൊ ഇപ്പൊ പുറത്താണ് നമുക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് വിട്ടുകളയാ തൽക്കാലം നമ്മളിലേക്ക് അഖമുഖമായിട്ടുള്ള യാത്ര അന്തർമുഖമായിട്ടുള്ള യാത്ര അതിനെന്ത് വേണം കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടേണം അനേക വർഷങ്ങളോ മാസങ്ങളോ കണ്ണുകളും അടച്ച് തെരുതരെ വീണു വണങ്ങി ഓതിയ ശേഷം വരുത്വാമലയിൽ നിന്നും ഇറങ്ങി അതിസുന്ദരമായ അരുവിപ്പുറത്ത് നദിയുടെ തീരത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ സ്വാനുഭൂതിയെ ഏറ്റവും വിഷമം പിടിച്ച കാര്യമാണ് പരാവാക്കിനെ വൈഖരി ശബ്ദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്റെ സ്വാനുഭൂതിയെ വാക്കുകളിൽ ആവിഷ്കരിച്ചതാണ് ഈ കൃതി ആദ്യമായിട്ട് താൻ നേരം ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാ തുടങ്ങണത് ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്ന ശ്ലോകം കരുവിന കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരെ കണ്ണുകളഞ്ചും ഉള്ളടക്കാന്ന് വെച്ച ശ്രുതി പറയണതാണ് പരാഞ്ജിഖാണിവ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യത്തിന അന്തരാത്മൻ കശ്യ ധീര പ്രത്യഗാത്മാനമൈക്ഷവൃത്ത ചക്ഷു അമൃതത്വമിച്ഛൻ ഭഗവാൻ അല്ലെങ്കിൽ സ്വയംഭൂവായ ബ്രഹ്മാവ് എന്തു പേര് വേണമെങ്കിൽ പറഞ്ഞോളുക പുറമേക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ തിരിച്ചു വെച്ചു അതിന് അകമയ്ക്ക് കാണാനുള്ള ശക്തി ഇല്ലാതാക്കി തീർത്തു എന്നാണ് ഏതോ ധീരൻ ആവൃത്ത ചക്ഷുഹു ഇന്ദ്രിയങ്ങളെ മുഴുവൻ പിറപ്പിടത്തിലേക്ക് തിരിച്ചുവിട്ട് അമൃതത്വമിച്ഛന് മരണമില്ലായ്മയെ കാക്ഷിച്ചുകൊണ്ട് അകമയ്ക്ക് അന്തർമുഖമായി നോക്കി പ്രത്യകാത്മാനം ഐക്ഷത് എന്ന് പ്രത്യേകാത്മാവിനെ സാക്ഷാത്കരിച്ചു തന്റെ സ്വരൂപത്തിനെ ഏതോ ധീരൻ അറിഞ്ഞു അതുകൊണ്ട് ഈ രണ്ടു വാക്ക് അവസാനത്തെ പദ്യത്തിൽ വരുന്നുണ്ട് ധീരനായി തെളിഞ്ഞു ധീരനായി സച്ചിത അമൃതമെന്നു തെളിഞ്ഞു ധീരനായി അന്തർമുഖമായി അപ്പോ മനസ്സന്തർമുഖമായി വെളിയിലേക്ക് നോക്കുന്നതിന് പ്രാമുഖ്യം കൊടുക്കാതാവുക അതാണ് സാധനയുടെ ആദ്യഘട്ടം परमे का शरी प्रह्लाद भागवत आसीन संविश प्रभिब्रुवंधत् गर्भक आत्मज्ञान किटी कुटी ए चोद गर्भति कड़क बुद्धि मेचरुनो आर्क सयद ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ആത്മവിദ്യ പകർന്നു കൊടുക്കാമെങ്കിൽ നമ്മൾക്കും ആത്മജ്ഞാനം ഉണ്ടാവാൻ കാര്യമായിട്ട് ബുദ്ധിയൊന്നും വേണ്ട കൃപയാണ് വേണ്ടത് കൃപാസാക്ഷാത്കാരം എന്ന ശൈവ സിദ്ധാന്തത്തിലൊരു ഒരു പദ്ധതി തന്നെ ആത്മസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം അതിനും പറയുന്നത് ആദ്യം കുറേയൊക്കെ ഈ അഭിമാന വൃത്തിയോടുകൂടെ സഞ്ചരിച്ച ശേഷം പിന്നെ മറ്റൊരു ശക്തിയെ നമ്മൾ നമ്മളുടെ അകത്ത് തന്നെ കാണും രമണ ഭഗവാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ അരുണാചലേശ്വരനെ അനുഭവിക്കണമെന്ന് വന്നു ആ അരുണാചല ശിവൻ എന്നെ എടുത്തു വിഴുങ്ങിക്കളഞ്ഞു എന്ന് ആശ്ചര്യം എന്താന്ന് വെച്ചാൽ നാരായണ ഗുരുദേവനും അരുണാചലത്തിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ശ്ലോകം അത് അരുണാചലത്തിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയാൻ കാരണം അത് സദാശിവ ദർശനമോ പരമചിന്ത പരമശിവ ചിന്താദർശമോ ആണ് അവസാനം വരുന്ന എന്താന്ന് വെച്ചാൽ അരുണാചലത്തിലുള്ള പുരാണ കഥയാണതില് പ്രതിപാദിക്കണത് അടിക്കു പന്നി നിൻ മടി മുടിക്കൊരന്നവും പറന്ന് അടുത്തുകണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാനമോ നമ ഈ എടുത്തു വിഴുങ്ങാന്ന് പറയണത് ഇതേ സന്ദർഭം ഉപയോഗിച്ച് രമണ മഹർഷി പറയണ്ട് അരുണഗിരിനാഥസ്വാമികളും പറയണ്ട് അദ്ദേഹം പറയണ്ട് ിയ എന്നെ വിഴുങ്ങി വെറും താനായി നിലനത് തത്പരമേൻ രമണ മഹർഷി പല സ്ഥലത്തും സ്വയം തത് അനീഭവനം തധിക്ഷ ഊ ഊണാതൽപ്പാടു ശാർന്ന് ഉണവായേൻ ശാന്തമായി പോവൻ അരുണാചല ഈ അഭിമാന വൃത്തി കുറേയൊക്കെ അന്തരംഗത്തിൽ അന്വേഷണം ചെയ്യുമ്പോൾ കമേ നിന്നൊരു ശക്തി ആ ശക്തി മനസ്സല്ല അതാണ് അഗ്നി എന്ന് പറഞ്ഞത് പരമചിദംബരമാർന്ന് ഭാനുവായി നിന്നെരിയുന്നു എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയണ ശക്തി മനസ്സാണ് അല്ലെ നമുക്ക് ഉള്ളിൽ നോക്കിയാൽ കുറെ വിചാരങ്ങള് വികാരങ്ങള് വിഷയജ്ഞാനം ഇതൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ള മൂവ്മെന്റ് ചലനം തപസ്സുകൊണ്ട് ശുദ്ധമായ ശ്രദ്ധാശക്തി അകമയിൽ നിന്ന് ഉണർന്നു വരുമ്പോ അതിന് മനസ്സിന്റെ അത് മനസ്സെന്ന് പറയുന്ന സ്റ്റഫല്ല അതിന് ചിത്ശക്തി എന്ന് പറയണു അതുകൊണ്ടാണ് ഗുരുദേവൻ ചിത്പ്രഭാവം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചവിടെ ചിത്പ്രഭാവം ഈ അഭിമാനത്തിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഈ അഭിമാനം അടങ്ങുകയും തത്സ്ഥാനത്തിൽ ഈ ചിത്പ്രഭാവം അവിടെ അറിയപ്പെടുകയും ചെയ്യും ചിത് സ്ഫൂർത്തി അവിടെ അറിയപ്പെടുകയും ചെയ്യും ഈ ഞാൻ എന്താണ് ഞാൻ ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ അഹം അഹം എന്ന അനുഭവത്തിനെ ആരാഞ്ഞു നോക്കുമ്പോ അഹങ്കാരത്തിനെ തന്നെ അഹങ്കാരം ഒദിക്കുമ്പോഴാണ് ബാക്കി ഒക്കെ ഒതിക്കുന്നത് ഈ അഹങ്കാരത്തിനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ആത്മാവനെ അറിയില്ല വിട്ടുകളയോ നമുക്ക് അഹങ്കാരത്തിനെ അറിയാലോ നമ്മളെ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിക്കുമ്പോ അപ്പോ പൊന്തി വരണ്ട് നമ്മളെ ആരെങ്കിലും ഒക്കെ നിന്ദിച്ചാൽ അപ്പൊ ഉദിച്ചു വരണു എന്നെ പറഞ്ഞു നമ്മൾ ആരെങ്കിലും ഒക്കെ സ്തുതിച്ചാൽ അപ്പൊ ഒരു സന്തോഷം ഞെളിഞ്ഞിരിക്കൽ എല്ലാം ഇതൊക്കെ എവിടെ നടക്കണോ ഇതൊക്കെ ഇപ്പൊ ഈ മൈക്കിനെ സ്തുതിച്ചാൽ അതൊന്നും ഞെളിഞ്ഞിരിക്കില്ല നിന്ദിച്ചാൽ അത് പോകൂല നമ്മളില് മാത്രം ഈ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ സ്പന്ദനം ഈ മൂവ്മെന്റ് എന്താണ് ആരും ചീത്ത വിളിക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്നു എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞേ ഒരു ഭർത്താവ് ഓഫീസ് പോയിട്ട് വന്നു വീട്ടില് പത്രം വായിച്ചോണ്ടിരിക്ക ഭാര്യ അടുത്ത വീട്ടിലെ ആളെ കുറിച്ച് കുറെ ചീത്ത പറഞ്ഞു അയാൾ അങ്ങനെ പറയണു ഇങ്ങനെ ചെയ്തു ഭാര്യയെ ഉപദ്രവിച്ചു ഒക്കെ പറഞ്ഞു ഇയാള് ഈ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഈ സ്ത്രീക്ക് എപ്പോഴും തന്നെ പണി എന്തോ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചില്ല പത്രം വായിച്ചോണ്ടിരുന്നു കൊറേ കഴിഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞു ഇദ്ദേഹം ശ്രദ്ധിക്കണില്ലാന്ന് കണ്ടപ്പോ ആ സ്ത്രീക്ക് ദേഷ്യം വന്നു അവർ പറഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു പത്രം വലിച്ചെറിഞ്ഞു എഴുന്നേറ്റു നിന്നു ബഹളായി എന്തു ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ ഒരു മാ വേഡ് ഒരു മാജിക് വാക്ക് ഉപയോഗിച്ചു നിങ്ങള് അത് എന്റെ ഉള്ളിലുള്ള ഞാനിനെ സ്പർശിച്ചതും അപ്പ കാണാം സ്ഥൂലമായ പരിണാമങ്ങൾ കാണാം സൂക്ഷ്മമായി മാത്രമല്ല എന്നെ പറഞ്ഞ ഉടനെ എന്റെ നാടിയും നരമ്പും വരിഞ്ഞു മുറിങ്ങി വയറിലൊക്കെ ഒരു തുടങ്ങി രക്തം ചൂടുപിടിച്ചു ചിന്തിക്കാനുള്ള ശക്തി പോയി ഒരു ചെറിയ വാക്ക് ഈ ഹൃദയഗ്രന്ഥിയിൽ തട്ടിയ ഉടനെ നാഡീമനം പ്രമാ പ്രമാധി എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്ന വാക്ക് പ്രമാധി മഥനം ചെയ്യുകയാണെന്നാണ് അട്രീഷൻ ചേർണിങ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ ജീവിത പ്രശ്നം ലോകത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതല്ല എനിക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് സംസാരം എന്നെ ബാധിക്കണു എന്നെ പറഞ്ഞു എനിക്കുണ്ടായി എന്നെ കുറ്റം പറഞ്ഞു എന്നെ സ്തുതിച്ചു എന്നെ ആരാധിക്കണം എന്റെ മതത്തിനെ എല്ലാവരും സ്വീകരിക്കണം അതാണ് ഈ പൊരുതൽ ഒരിക്കലും അസ്തമിക്കില്ല ഗുരുദേവൻ പറയണത് ഇവിടെ പൊരുതി ഒരിക്കലും ഒടുങ്ങില്ല എന്നാണ് എന്നാലോ ഈ ലോകത്തിൽ ആരെങ്കിലും പൊരുതാതിരിക്കോ അവർ പൊരുതാതിരിക്കൂല്ല കാരണം പൊരുതൽ ഒരു സൈക്കളോജിക്കൽ നീഡാണ് ഈ അഹങ്കാരത്തിന് ജീവിക്കണമെങ്കിൽ പൊരുതണം പൊരുതൽ അവസാനിച്ചാൽ അഹങ്കാരം അവസാനിക്കും അഹങ്കാരത്തിന് ജീവിക്കണമെങ്കിൽ ഒരു ഫൈറ്റ് വേണം പുറത്ത് ആരെങ്കിലും ഒരാൾ വേണം ഇപ്പൊ രാഷ്ട്രങ്ങളൊക്കെ ചെയ്യണ ടെക്നിക്കും അതാണ് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അസ്തമിക്കണമെങ്കിൽ വെളിയിൽ ഒരു രാജ്യത്തിൻ്റെ യുദ്ധം പ്രഖ്യാപിക്കും അപ്പൊ ഇവരൊക്കെ കൂടിക്കൊള്ളും നമ്മളുടെ നമ്മളുടെ സിനിമയൊക്കെ നോക്കൂ എല്ലാ സിനിമയിലും ഒരു സിനിമയെങ്കിലും ഹീറോ മാത്രമാണെങ്കിൽ ഓടുവോ വില്ലൻ വേണം അല്ലെ അപ്പോഴാണ് ഹീറോ മാത്രം ഒരു സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ ആരെയും കാണുവോ എല്ലാത്തിലും ഒരു വില്ലനെ കൊണ്ട് അത് ആ ഹീറോ വില്ലൻ എന്ന് പറയാനുള്ള നമ്മളിൽ എന്തോ സംഭവിക്കണം ഒരു ക്രിക്കറ്റ് കളി കാണുമ്പോ നമ്മളുടെ രാജ്യം വേറെ ഒരു രാജ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നുണ്ട് നമ്മളുടെ രാഷ്ട്രം എന്നിട്ട് മറ്റുള്ളവന്റെ അടുത്ത് വിരോധം അതുകൊണ്ടാണ് ഇത്ര ഉത്സാഹം ഇതേ നമ്മളെ ആളുകൾ സിക്സ് അടിക്കുന്നതിന് പകരം അവരടിച്ചാൽ നമുക്ക് ഇഷ്ടാവില്ല നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഈ അഭിമാനത്തിന്റെ ചലനം ഇനിയിപ്പോ നമ്മളുടെ രാജ്യമേ കളിക്കണില്ലെങ്കിൽ പോലും വേറെ ആരെങ്കിലും കളിക്കണതാണെന്ന് നിവൃത്തിയില്ലാതെ നമ്മൾ കണ്ടു വെച്ചാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചോളൂ എന്നിട്ട് മറ്റുള്ളവനോട് എതിർത്തുള്ളൂ എന്താന്ന് വെച്ചാൽ പൊരുതണം പൊരുതുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള അഭിമാനത്തിന് നിൽക്കാൻ പറ്റുള്ളൂ നമ്മള് ലോകത്തിലെ ജാതി എന്നും മതമെന്നും വ്യക്തികൾ എന്നൊക്കെ പറയണത് ഈ പൊരുതാനുള്ള ആഗ്രഹം കൊണ്ടാണ് വേറെ ഒന്നുമല്ല പൊരുതാൻ എന്തെങ്കിലുമൊക്കെ വേണം ഈ ഇന്നലെ മറ്റേ ആരോ ഈ ജൂതന്മാർ ഒരുപാട് ഹിംസിക്കപ്പെട്ടവരാണ് അവർ അപ്പോ ചില രാഷ്ട്രങ്ങളിലൊക്കെ നമ്മുടെ നാട് പോലെ തന്നെ നാട്ടില് വിഷമം വന്നാൽ കഴിഞ്ഞാൽ രാജാവ് ഭരണം ശരിയില്ലാത്തത് എന്ന് പറഞ്ഞ് ആളുകൾ രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെടും അപ്പോ ഈ രാജാക്കന്മാരെന്തു ചെയ്യുന്നു വെച്ചാൽ ഞങ്ങളെ കാരണമല്ല ഈ ജൂതന്മാർ മഹാപാപികളാണ് അവർ ഈ രാജ്യത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പഷ്നി വന്നത് അതുകൊണ്ട് അവരെ തല്ലു എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടുകഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ വെറി പിടിച്ചിട്ട് അതിൽ നടക്കുക അത്ര ഇതാണ് ഇന്നും നമ്മൾ രാഷ്ട്രീയക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന സൂത്രം ഇതാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് വെറിയുണ്ടാക്കുക ആളുകളുടെ ഉള്ളിൽ ദേഷ്യ പരസ്പരം വിരോധം അത് ഓരോ കാലത്തിൽ മാറും ഒരു കാലത്തിൽ ജാതി ആയിരിക്കും ഒരു കാലത്തില് രാഷ്ട്രീയമായിരിക്കും ഒരു കാലത്തില് വേറെ എന്തെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കും വ്യക്തികൾ തമ്മിൽ മാറും ഓരോ കാരണങ്ങളായിരിക്കും പക്ഷെ ഈ ബാഹ്യ കാരണങ്ങളൊക്കെ തന്നെ വെറും സർഫസിലുള്ളതാണ് ഉള്ളില് ഇവന് പൊരുതാനുള്ള ആഗ്രഹം ഉണ്ടാവാൻ കാരണം ഇവന്റെ അഹങ്കാരാണ് അഭിമാനമാണ് വേറെ ഒന്നുമല്ല ആ ദൂഷ്യം ആ വൈറസ് എടുത്തു കളഞ്ഞാൽ ഇവിടെ ആരും പൊരുതില്ല ആരും ശണ്ടകൊടുക എല്ലാരോടും പ്രിയമായിരിക്കും ആരോടും ഒരു വെറുപ്പുണ്ടാവില്ല ദ്വേഷം ഉണ്ടാവില്ല സമത്വം താനുണ്ടാവും വ്യക്തികൾക്ക് സമത്വം ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് വ്യക്തികൾ യു ആർ ദ വേൾഡ് നിങ്ങളാണ് ലോകം നിങ്ങളിൽ വേണം ഈ സത്യത്തിന്റെ സ്ഫോടനം ഉണ്ടാവാനായിട്ട് വിപ്ലവം ഉണ്ടാവാനായിട്ട് ലോകത്തിലല്ല നിങ്ങളുടെ വ്യക്തി അഭിമാനത്തിനെ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ സവനമൊഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ സത്യം അറിയപ്പെട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ അഭിമാനവൃത്തിയുടെ ചലനം പോയാൽ എങ്ങനെ പോകും ആരാഞ്ഞാൽ പോകും ഉണരണമിഞ്ഞ് ഉറങ്ങിടാതിരുന്നിടേണം അറിവായി ഉണരലും ഉറക്കവും എന്ന് വെച്ചാൽ ജാഗ്രതും സ്വപ്നവും രണ്ടിന്റെയും പിടിയിൽപ്പെടാതെ കേവല സത്യ സച്ചിത് സ്വരൂപമായി സംവിത് മാത്രമായി നമ്മളുടെ സ്വരൂപത്തിൽ ഇരിക്കണം അപ്പൊ സകല ദുഃഖങ്ങൾ ഒടുങ്ങുമെന്ന് ഗുരുദേവന്റെ വാക്കാണ് അയ്യോ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം അയ്യോ ഞങ്ങൾക്ക് വയ്യല്ലോ അറിയല്ലോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോ നിങ്ങൾക്ക് സ്വയമേവ ആരായു നോക്കാനുള്ള ശക്തിയില്ലെങ്കിൽ സ്വയം തത്വമറിഞ്ഞ് ഉദ്ബുദ്ധനായിട്ടുള്ള ഒരു ജീവൻ മുക്തന്റെ സാന്നിധ്യത്തിലിരുന്ന് സത്യമറിഞ്ഞ് ആരാധന ചെയ്ത് മനസ്സിലാക്കിക്കൊള്ള തെളിഞ്ഞ് അറിഞ്ഞുകൊള്ള ഈ അറിവ് ആണ് ബലം ഈ അറിവ് നമ്മളിൽ ഉണ്ടാവുമ്പോ സകല ദുഃഖങ്ങൾക്കും അതൊരു അറുതി വരുത്തും നമ്മളെ പരമമായ ശാന്തിയിൽ പ്രതിഷ്ഠിക്കും നമ്മളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ അസ്തമിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ജ്ഞാനം ആത്മജ്ഞാനം